ഞാൻ ഗ്രാമത്തിലൊന്നും നിൽപ്പെടുത്തുന്നില്ല ഗ്രാമവും നഗരവും ഒന്നും ഭേദമില്ലാതെ കാരണം ആലുവായും പരിസര പ്രദേശങ്ങളും ആ കൊച്ചിൻ ഡിവിഷനിൽ ഇരിക്കുന്ന സ്ഥലങ്ങളും ആഹ് കല്ലിരിക്കുന്ന പ്രദേശങ്ങളും എല്ലാം ഗ്രാമങ്ങളായിരുന്നു ഗ്രാമങ്ങളാണ് പക്ഷെ ഇന്നവയുടെ മുഖശാതെ ഗ്രാമത്തിൻ്റെതല്ല അവിടെ വസിക്കുന്നവർ ഗ്രാമവാസികളാണെന്ന് അവകാശപ്പെടുമ്പോഴും രാത്രി മുഴുവൻ പ്രകാശിക്കുന്ന അവിടെ ഒരു സസ്യമെങ്കിലും ഉറങ്ങുന്നില്ല ആ തടാകത്തിലും മറ്റുമുള്ള ഒരൊറ്റ മത്സ്യം പോലും ഉറങ്ങുന്നില്ല അവിടെ കാക്കകൾ രാത്രിയിൽ കരവില്ലാതെ കൂട്ടുന്നത് കോഴികൾ രാത്രിയിൽ ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ നീങ്ങുന്നതും പന്നികൾ രാത്രിയിലും മലമെല്ലാം തിന്നു തീർക്കുന്നതും നിങ്ങൾ അന്ധരല്ലെങ്കിൽ കാണാം അതിൽ നിങ്ങൾക്ക് സംശയം വരാവുന്നോ ഉള്ളൂ അതിന് ഞാൻ ഉദാഹരണവും പറയാം സസ്യങ്ങൾ അവരുടെ നിങ്ങൾക്ക് ഇനിയും ശ്രദ്ധിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീടിന്റെ പുറത്ത് കിടക്കുന്ന ഒരു പണ്ട് പന്ത്രണ്ടര മണിക്ക് ചെല്ലുന്ന മുറ്റത്ത് കത്തുന്നൊരു സിയപ്പൽ ലാമ്പില്ല അമർത്തുമ്പോൾ നിങ്ങളുടെ മാവും പ്ലാവുമെല്ലാം ഇലകൾ കൊണ്ട് കളകളാരവും കുഴിക്കുന്നത് കേൾക്കാം കലഹിക്കുന്നത് കാണാം ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ല വീണ്ടും പുറത്തേക്ക് സിയപ്പൽ എല്ലാം ഉണ്ടോ ഇല്ല കൊണ്ട് രാത്രി പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കോ ഇനി നിങ്ങൾ പുറത്ത് പോയിട്ട് തിരിച്ചു ചെല്ലുമ്പോൾ അല്ലാം പോക്കുക എന്തോ ഒരു വല്ലാത്ത കോലാഹലം കേൾക്കാം മുറിക്കകത്തേക്ക് പോകുന്ന നിങ്ങൾക്ക് തിരിച്ചു വന്ന് വീണ്ടും ഓൾ ചെയ്യുക കോലാഹലം നിൽക്കുകയും വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞ് ഓഫ് ചെയ്യുകയാണെങ്കിൽ ആ കോലാഹലം എന്താണെന്ന് നോക്കിയാൽ അതുവരെ ഇളകാത്ത മാതിലെല്ലാം കൂടെ കൂടി തമ്മിൽ ഒരഞ്ഞിളകുന്ന കാണാം അവ രാത്രിയിലും കൂടി പാചകം ചെയ്യുകയായിരുന്നു ഈ സമയത്ത് അതിലെ ഒരു മാങ്ങ പറ നിങ്ങളുടെ മകന് കൊടുക്കുമ്പോൾ ആ മാങ്ങ അവന്റെ ജനിതക സ്മൃതികളിൽ ജനിതക ആലേഖനങ്ങളിൽ തലയിലെടുത്തിൽ പരിണാമങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ നിങ്ങളുടെ പ്രയത്നം തലമുറകളെ ആരോഗ്യത്തിലേക്കും സൗഷ്ടത്തിലേക്കും കൊണ്ടുപോകാനല്ല നശിപ്പിക്കാൻ മാത്രമാണ് ശാസ്ത്രം സങ്കേതം നിങ്ങൾക്ക് ആനന്ദപ്രദമല്ല നിങ്ങളുടെ തലമുറകൾക്ക് അന്ത്യം കുറിക്കാനുള്ള അന്തകൻ മാത്രമാണ് നിരുപദ്രവകരമായി നിങ്ങൾ കൊടുക്കുന്ന കറണ്ട് ചാർജിൽപ്പെടുത്തി ഒരലക്തിക പ്രകാശം മുറ്റത്ത് രാത്രിയിൽ പ്രകാശിപ്പിച്ചു എന്നത് മാത്രമേ നിങ്ങൾ ചെയ്തുള്ളൂ അതുകൊണ്ട് കറണ്ട് ഇയാർജി കുറച്ച് കൂടുതൽ നിങ്ങളാണ് കൊടുത്തത് അതുകൊണ്ട് വൈദ്യുതി നിങ്ങൾ തെറ്റായി ഉപയോഗിച്ചു എന്നേയുള്ളൂ എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി നിങ്ങളുടെയും സമൂഹത്തിന്റെയും അന്തകൻ ആകുമാറ് സ്വപ്നങ്ങളിലും സുഷുതിയിലും പരിണാമം സസ്യങ്ങളെ രാത്രിയിൽ പാചകത്തിന് പ്രേരിപ്പിക്കുക വഴി ആവാസ വ്യവസ്ഥയെ ജീവിതം ദുസ്സഹമാക്കുകയും ചെയ്തതിന് നിങ്ങളെ കടുത്ത ശിക്ഷ നൽകേണ്ടതാണ് മനസ്സിലായില്ല നിങ്ങൾക്ക് സാധ്യത മാത്രമാണ് അല്ലേ കാരണം നിങ്ങൾ കണ്ടിട്ടില്ല ഏ ഇനിന്ന് നോക്കുവോ ഏ വിളിച്ച് പറയുവോ അല്ലെങ്കിൽ അടുത്തോണവരോ പറയോ അല്ല എല്ലാ എല്ലാ ഇലകളും പക്ഷേ ഈ മാവിലൊരുമ്പോ ശബ്ദം കൂടുതൽ കേട്ടു തിരിച്ചറിയാൻ പറ്റുന്നൊരു ഇല പറയണല്ലോ എന്ന് വിചാരിച്ച ഇലകളും വാഗവർഗത്തിൽപ്പെട്ട ഇലകളും ഒക്കെ കൂപ്പും രാത്രിയായാലോ ശരിയാണ് നിങ്ങളുടെ മുരിങ്ങയും വാഗയും ഒക്കെ ഈ കൊടുത്താൽ കൂക്കുന്നുണ്ടോ നോക്കുക കുറച്ച് നാളിടുമ്പോഴേക്ക് അതിൻ്റെ ജനിതകം പരിണമിച്ച് പ്രകാശത്തിൽ പാകം ചെയ്യാൻ സുസജ്ജമാവുക എട്ടുമണിക്ക് ഉറങ്ങിയിരുന്ന നിങ്ങളെ ഉറക്കം കെടുത്തിയത് ഈ ഒരു പരിഷ്കാരം കൊണ്ടാണ് ഇന്നലെ നിങ്ങൾ കാലത്ത് മുതൽ ഒരു മണ്ണെണ്ണ വിളക്കിൻ്റെ മുനിഞ്ച് വിളക്കിൻ്റെ പ്രകാശത്തിൽ അന്നത്തെ തലമുറ പഠിച്ചതിൽ കൂടുതലൊന്നും പഠിച്ച് നിങ്ങൾ പഠിക്കന്മാർ അന്ന് അവർ ചെയ്തതിൽ കൂടുതൽ ജോലിയൊന്നും ഇന്നും ജീവിത നിങ്ങൾ ചെയ്യുന്നുമില്ല പക്ഷേ ഒരു പണിയും ഒരു പന്ത്രണ്ട് മണി ഒരു മണി കഴിയാതെ ഉറങ്ങാൻ നിങ്ങളെ ഈ പ്രകാശം സമ്മതിക്കുന്നില്ല അഥവാ പ്രകാശത്തിൽ ഉറങ്ങാൻ നിങ്ങൾ പരിചയസമ്പന്നരായിരിക്കുന്നു ശരിയല്ല പ്രകാശത്തിൽ കിടന്നുറങ്ങുമ്പോൾ ഓൺ ചെയ്തു വെച്ച ടിവിയും തെളിഞ്ഞുകെത്തുന്ന ആലക്തിക വിളക്കുകളും അവയ്ക്ക് ഉറങ്ങുന്ന നിങ്ങളുടെ തൊക്കിലേക്ക് അടിക്കുന്ന പ്രകാശം നിങ്ങളുടെ മുടിയിലടിക്കുന്ന പ്രകാശം ഉറങ്ങുന്ന നിങ്ങളുടെ തൊക്കു മസ്തിഷ്ക തരങ്ങളിലും മറ്റും പരിണാമങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നിങ്ങളുടെ ശാസ്ത്രലോകത്തിനോ നിങ്ങൾക്കോ തിരിച്ചറിയണ്ട വന്നത് അത് തൊഴിൽപരമല്ലാത്തത് അത് കേവലം ആരോഗ്യപരമായത് കൊണ്ടാണ് കേവലം ആരോഗ്യപരങ്ങളായ രംഗങ്ങളിൽ ഗവേഷണം നടത്താൻ രാഷ്ട്രങ്ങളോ ഭരണാധികാരികളോ കമ്പനികളോ വ്യക്തികളോ തയ്യാറാകുന്നില്ല എന്നോ ആരോഗ്യത്തെ ഹനിക്കുന്നവയൽ കൂടി തൊഴിൽ വരങ്ങളായ രംഗങ്ങളിൽ ഗവേഷണം നടത്തി കൂടുതൽ മെച്ചപ്പെട്ടവയെന്ന് പറയുമാറും നിങ്ങളെ അപകടങ്ങളിലേക്ക് എത്തിക്കുവാൻ അവയെല്ലാം തയ്യാറാകട്ടു എന്നതും ഈ തരുണത്തിൽ പ്രത്യേകം ഞാൻ പറഞ്ഞു ഞാൻ വളരെ അപകടം പിടിച്ചു നൂൽപാലത്തിലൂടെയാണ് നിങ്ങളെ നടത്തുന്നത് പാലം എപ്പോൾ വേണമെങ്കിലും പൊട്ട അസ്വസ്ഥത നിങ്ങളിൽ പടർന്നു കയറാതെ നിങ്ങൾ ശ്രദ്ധയുള്ളവരാണെങ്കിൽ ഈ ക്ലാസ്സിൽ നിന്നും നിങ്ങൾക്ക് ഇറങ്ങി പോകാൻ പറ്റില്ല അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഇരുന്നിട്ടും കാര്യമില്ല പറഞ്ഞത് ശരിയല്ല കാരണം നിങ്ങളോ നിങ്ങളുടെ ഗവേഷക പ്രമാണിമാരോ നിങ്ങളുടെ കമ്പനികളോ അതിൻ്റെ ജീയമോ അതിൻ്റെ മറ്റു ആ കമ്പനിയിലും പരിസരത്തും തൊഴിൽപരമായി ജീവിക്കുന്നവരിൽ വരുന്ന രോഗങ്ങളുടെ എണ്ണം കൂടി കണ്ടിട്ടുണ്ട് തൊഴിൽ നിർത്തി പോയി കഴിഞ്ഞാലും തലമുറകളിലേക്ക് അവരുടെ അന്തസ്ഥന്തികളിൽ ഉൾപ്പെടെ ആതുരത്വം കുമിഞ്ഞുകൂടിയിട്ടും വരുന്ന തലമുറകൾക്കെങ്കിലും ഇത് ആഗ്രഹിച്ചുള്ള ഒരു അന്വേഷണത്തിനോ പഠനത്തിനോ ഇനിയും തയ്യാറായിട്ടില്ലെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഗവേഷണവും പഠനങ്ങളും പ്രബന്ധങ്ങളുമെല്ലാം പണത്തെ ആസ്മദമാക്കി ആരോഗ്യത്തെ ആസ്മദമാക്കി ഇന്ന് വളർന്നിട്ടില്ല ജനാധിപത്യത്തിൽ കേവലം സത്യമാണ് അച്ഛനും അമ്മയും മക്കളും ്മാവനും ബന്ധുക്കളും സന്യാസിയും ഗൃഹസ്ഥനുമെല്ലാം പണത്തിന്റെ ലോകത്തിലല്ലാതെ ആരോഗ്യത്തിന്റെ ലോകത്തിലില്ല എന്നതാണ് ഈ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കണമെന്നും തൻ്റെ മനസ്സിന് സന്തോഷം തന്നോട് ബന്ധമുള്ള തൻ്റെ കുഞ്ഞ് സന്തുഷ്ടനായിരിക്കണമെന്നും അത് തൻ്റെ അടുക്കള ഉണ്ടായ പോലും സന്തുഷ്ടിയാണെന്നും ആ പട്ടിണിയിൽ പോലും ആരോഗ്യവും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 ഭാര്യയിൽ നിന്ന് ഭർത്താവിനോ ഭർത്താവിൽ നിന്നോ ഭാര്യയ്ക്കോ കിട്ടിയാൽ അടുത്തിരിക്കേണ്ടതില്ലെന്നും സന്തോഷിക്കേണ്ടതില്ലെന്നും അടുത്തിരുന്നാലാണ് സന്തോഷം പോകുന്നതെന്നും ആരോഗ്യമുണ്ടാകുന്നത് അന്യനോടൊപ്പമുള്ള വേക്ഷയ്ക്കാണെന്നും തന്നോടൊപ്പമുള്ള വേക്ഷയ്ക്കല്ലെന്നും ബന്ധങ്ങളും കരാറുകളും പണത്തിന് മാത്രമാണെന്നും നിങ്ങൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഭാര്യ ഭർത്താക്കന്മാരാകുന്നതോടെ തീരുമാനിക്കുന്നിടത്താണ് നിങ്ങളുടെ ഗവേഷണം ഞാൻ പറഞ്ഞത് മനസ്സിലായെങ്കിൽ എന്നല്ല നേരെ വന്നു അല്ല നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഞാൻ തന്നുകൊള്ളേണ്ടതാണ് ഞാൻ ഏറ്റവും അപകടകരമായാണ് പദവ് ഉപയോഗിച്ചത് അവ നിങ്ങളുടെ സൈറ്റോപ്ലാസത്തിൽ ഉളവാക്കുന്ന അവാന്തര പരിണാമങ്ങൾ എത്രത്തോളമാണ് നിങ്ങളുടെ മസ്തിഷ്കത്തെ എത്രത്തോളമാണ് നിങ്ങളുടെ സ്ഥിരാകുടത്തെ ഒക്കെ ബാധിക്കുക ആധുനികമായ ഈ ക്യാൻസറിനും നിങ്ങളുടെ തൊഴിലിൻ്റെ സംഭാവന വളരെ വലുതാണെങ്കിൽ അവയ്ക്ക് ലഭിച്ച ഈ അന്തരാളങ്ങൾ ഉണ്ടാവില്ലേ ചോദ്യം കൊതുകിനെ അഫക്റ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നു കാരണം കൊതുക് കൊതുക് ഒരു ശതമാനം പോലും കീടനാശിനി ഉണ്ടാക്കാത്തതായതുകൊണ്ടും കീടനാശിനി ജൈവവസ്തുക്കളിൽ നിന്നുണ്ടാക്കിയതായതു കൊണ്ടും നിങ്ങളുണ്ടാക്കുന്ന പ്ലാസ്റ്റിക് ആയാലും നിങ്ങളുണ്ടാക്കുന്ന കീടനാശിനി ആയാലും നിങ്ങളുണ്ടാക്കുന്ന പെട്രോളായാലും അതുണ്ടാക്കാനുള്ള സാങ്കേതികവിദ്യ അറിയാത്ത ജീവജാലങ്ങൾക്ക് അവയെ അതിക്രമിക്കേണ്ടതൊരാവശ്യമായി വരുന്നതുകൊണ്ട് അവ നേരിടുന്ന ഒരു സന്ദർഭത്തിൽ അവയുടെ സൈറ്റോക്ലാസത്തിൽ അവയെ നേരിടാനുള്ള ഒരു പരിണാമം അത് സ്വഭാവേന രൂപാന്തരപ്പെടുത്തുകയും പറയട്ടെ സ്വഭാവേന രൂപപ്പെടുത്തുകയും മനുഷ്യനാകട്ടെ അറിഞ്ഞുകൊണ്ട് അവനും അവൻ്റെ സമസിഷ്ടങ്ങൾക്കും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 മനസും മനസ്സും എന്റെ കൈകാലുകളും ദത്തസദ്ധമാകുമ്പോൾ അവ യാവൃക്ഷികമായൊരു വസ്തുവിനോട് പ്രതികരിക്കുവാൻ സുസജ്ജമായ എന്റെ കോശ കോശാന്തരങ്ങൾ പോലെയല്ല അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന അവയോട് പ്രതികരിക്കുക മനസ്സിലായില്ല മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് മനസ്സിലായി എങ്കിൽ ഒരാളെ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 അമ്മയുടെ കോശങ്ങൾക്കാണ് മനസ്സിലായില്ല കുഞ്ഞിന്റെ മേലല്ല ഇനി മനസ്സിലായില്ല ഞാൻ പറഞ്ഞുള്ള പദമേ ഉപയോഗിച്ചില്ല നിങ്ങൾ തിരിച്ചറിഞ്ഞ് ചെയ്യുമ്പോൾ നിങ്ങൾ ബോധപൂർവം ചെയ്യുന്ന ഒരു കാര്യത്തിൽ ആ ബോധം ഉണർന്നു നിൽക്കുക കൊണ്ട് അബോധത്തിന് ഇടം നിങ്ങൾ നൽകുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല എൻ്റെ ബോധം അതിന് കാവലായി ഉണർന്ന് നിൽക്കുന്നില്ലെങ്കിൽ എൻ്റെ അബോധമുണരുവാനുള്ള അവസ്ഥ ഞാൻ നൽകുന്നു എങ്കിൽ ആ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ പ്രകൃത്യ എൻ്റെ കോശ സുസജ്ജമാകാതിരിക്കില്ല ഇനിയും മനസ്സിലായില്ല കൊതുകിനും പാറ്റയ്ക്കുമല്ല ഓരോ അവസ്ഥയെയും തരണം ചെയ്യുവാൻ എന്തിനു നിങ്ങൾ പരീക്ഷണനാടിയിൽ ഉപയോഗിക്കുന്ന വൈറസുകൾക്കും അമിതയ്ക്കും ബാക്ടീരിയക്കും വരെ അതിൻ്റെ അമിനോ അമ്പലങ്ങളെ ഈ സൈക്കോപ്ലാസത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് ഇന്നത് വരാൻ പോകുന്നു എന്ന് കണ്ടറിഞ്ഞ് അതിജീവിക്കുവാൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് കഴിയുന്നില്ല കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഓക്കുപേഷണൽ ഡിസീസസ് മനസ്സിലായില്ല ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഞാൻ പറയുന്നത് മനസ്സിലാകുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നതെന്നാണ് ഇവിടെയാണെങ്കിൽ പരിണാമ ഭേദം വളരെ സങ്കീർണ്ണമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാനതിൻ്റെ നല്ല മലയാളത്തിൽ പറഞ്ഞത് രാത്രിയിൽ പോയി ഒരു തൻ തൊഴിലെടുത്തിട്ട് ആ തൊഴിൽ അടിക്കാവുന്ന കാർബൺ ഡയോക്സൈഡും മോണോക്സൈഡും സൾഫർ ഡയോക്സൈഡും എല്ലാം അടിച്ച് ഉറക്കമിളച്ച് വീട്ടിൽ രാത്രിയിൽ ഇവനില്ലാതെ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് പകലുള്ള തൊഴിലിലേക്ക് നീങ്ങുമ്പോൾ ഭാര്യയുള്ള കടപ്പാട് തീർക്കുവാൻ പകലാ ഭാര്യയോട് ഈ തൊഴിലും കഴിഞ്ഞു വന്നവൻ ഉറക്കമിളച്ചു ചേരുന്ന ഇണചേരലിൽ നിന്നുണ്ടാകുന്ന ഒരു സന്താനത്തിൻ്റെ ജീവിത വ്യാപാരങ്ങളിലേക്ക് നിങ്ങളുടെ ഗവേഷണങ്ങളോ ചിന്തകളോ കടന്നു കാരണം അങ്ങനെ ചെന്ന് അത് കുഴപ്പമുള്ളതാണെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ തൊഴിൽ മേഖലകൾ തകരാറിലാകുമെന്നുള്ളത് കൊണ്ട് ഏതൊരു കുഞ്ഞിന് വേണ്ടിയാണോ ഏത് ഭാര്യയ്ക്ക് വേണ്ടിയാണോ ഏത് ഭർത്താവിന് വേണ്ടിയാണോ ഏത് വീടിന് വേണ്ടിയാണോ നിങ്ങൾ രാത്രിയെ കൂടെ പകലാക്കുന്നത് അത് അതിന്റെ അന്ധസത്തയെ തന്നെ തകർക്കുകയാണെന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം നിങ്ങൾ ഈ പണത്തോട് വിട പറയാതിരിക്കില്ല ഞാൻ വളരെ ദൂരെ സഞ്ചരിച്ചു ഒക്കുപേഷണൽ ഡിസീസ് എന്ന ഒരു പദം പറഞ്ഞതിൽ ഞാൻ ഇത്രയും നിങ്ങളോട് പറയേണ്ടി വന്നത് ഇതിന്റെ ബാക്കിപത്രം നമുക്ക് പിന്നീട് കാണാം അധ്വാനം മാനസികമോ ശാരീരികമോ എന്നുള്ളതാണ് എന്റെ പ്രശ്നം ശാരീരികാധ്വാനം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 പ്രസ്ഥാനത്തിന് വേണ്ടി പണിയെടുക്കുന്നു എന്നാണോ നിങ്ങൾ പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പണിയെടുക്കുന്നു എന്നുള്ളതാണോ സത്യം പ്രസ്ഥാനത്തിന് വേണ്ടിയാണെങ്കിൽ ഇവിടുന്ന് ഏതാണ്ട് ഒരു അഞ്ചു കിലോമീറ്റർ അകലെ ഒരു സ്ഥാപനം ഇപ്പോൾ എറണാകുളത്തിൻ്റെ ഗാർഹിക മാലിന്യങ്ങൾ നമ്പി ചെയ്യുന്ന ഒരു സ്ഥാപനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കേവലം ഇരുപത്തിയഞ്ച് കൊല്ലത്തെ പരിണാമം കൊച്ചിൻ ഡിവിഷൻ ഉണ്ടായിട്ട് ഇരുപത്തിയഞ്ച് കൊല്ലമേ എന്നാണ് എൻ്റെ വിശ്വാസം കാൽ നൂറ്റാണ്ടുകൊണ്ടൊരു സ്ഥാപനത്തെ ഇങ്ങനെ പരിണമിപ്പിച്ചിട്ട് തദ്ദേശവാസികൾക്കോ ഭരണാധിപന്മാർക്കോ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്കോ സാഹിത്യകാരന്മാർക്കോ േദനയും ഉണ്ടായില്ല എങ്കിൽ അവിടുന്ന് പണമൂറ്റിയെടുത്ത് വീട് വച്ചവനും അവിടുന്ന് പണം കൊണ്ട് മകളെ കല്യാണം കഴിച്ചയച്ചവനും മകന് കാറ് വാങ്ങിക്കൊടുത്തവനും മക്കളെ എഞ്ചിനീയറും ഡോക്ടറും ആക്കിയവനും ഒക്കെയുള്ള നാട്ടിൽ ആയിരത്തി അഞ്ഞൂറോളം അതിന്റെ കയറി അന്ന മുതൽ ഇറങ്ങിപ്പോരുന്നത് വൈദ്യുതി ഓൺ ചെയ്തിട്ടും വാർത്തയ്ക്കാതിട്ടും മുപ്പത് പൈസക്ക് മൂന്ന് പൊറോട്ടയും എടങ്ങിയുടെ ചോറുമൊക്കെ ഉണ്ടും അനന്താനന്ത വിശ്വസിക്കുന്ന ലോകങ്ങളിൽ ജീവിച്ച ആ തലമുറകൾ പടക്കം പൊട്ടി അവിടെ വെച്ചു കൊണ്ടിടുമ്പോൾ ആഘാതിക്കുന്ന ഒരു സമയത്ത് ആ സ്ഥാപനത്തിന്റെ ചരിത്രപരമായ ദൗത്യവും അതിന് ജനതയുടെ വിശ്വാസ ആഴവും ആവശ്യകതയിൽ എന്റെയും നിങ്ങളുടെയും മുമ്പിൽ പകൽ പോലെ നിൽക്കുമ്പോൾ സ്ഥാപനങ്ങൾ നിങ്ങളെ കെട്ടിപ്പിടിച്ചത് കൊണ്ടല്ല എന്നുള്ളതിന്റെ തെളിവാണ് ഞാൻ എവിടെയെങ്കിലും ഒരു വരയിൽ ഒരു വർണ്ണത്തിൽ അതിശയോക്തിയോ കള്ളമോ പറഞ്ഞുവെന്ന് അവിടെ തൊഴിൽ ചെയ്ത് വിരുദ്ധനും അതിന്റെ ജീവിക്കുന്ന ഒരാള് കുറഞ്ഞ പക്ഷം രണ്ടു പേർ ഇവിടെയുണ്ട് വരെയും കാണും എനിക്ക് പരിചയമുള്ള രണ്ടു ഒന്ന് അതിനകത്ത് സാമാന്യം നല്ല നിലയിൽ ജോലി ചെയ്ത് വരുത്താൻ അവൻ പറയാണ് പറഞ്ഞ അത് ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണ് അതിന്റെ തൊട്ടടുത്ത് അതുപോലൊരു സ്ഥാപനത്തിൽ പണിയെടുക്കുന്ന അവിടെയും നിത്യവും നോക്കിയിരുന്ന മറ്റൊരാളുമുണ്ട് അമ്മ അവിടെയുള്ളവരാണ് ഞാൻ പറയില്ല ശരിയാണ് ശരിയാണ് ഞാൻ നിങ്ങൾക്ക് മലപ്പാൽ നിന്ന് നിങ്ങളുടെ അമ്മയുടെ വൃത്തിയിൽ ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾ കരയും ശരിയല്ല ഇനി അമ്മ ജീവിച്ചിരുന്ന കാലത്ത് എന്തെല്ലാം ഉപദ്രവം ഉണ്ടാക്കിയവനായാലും ശരി ആ വേർപാടിലൊന്ന് കരയും കരയില്ല സർവസംഘ പരിത്യാഗിയായ സന്യാസിക്ക് പോലും ഒരമ്മയുടെ വേർപാട് അത് സന്യാസം സ്വീകരിച്ച് കഴിഞ്ഞായാലും മസിൽ പിടിച്ചൊരു കണ്ണുനീരെങ്കിലും പുറത്തു വരാതിരിക്കില്ല മസിൽ പിടിച്ചു വന്നാലും ശരിയല്ല ശരി നിങ്ങൾ വച്ചു വളർത്തിക്കൊണ്ടുവന്ന ഒരു സത്യം കരിഞ്ഞുപോയാ അല്പം ഹൃദയവേദന നിങ്ങൾ അനുഭവിക്കാതിരിക്കില്ല നിങ്ങൾ പതിവായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് കാലിനോ കഴിക്കോ വേദന വരുവോ ചെയ്താൽ നിങ്ങൾ അല്പമെങ്കിലും ചലിക്കാതിരിക്കില്ല ശരിയല്ല ഇതിന്റെ തകർച്ചയിൽ ആരും ചലിച്ചില്ലെന്ന് മാത്രമല്ല സന്തോഷിക്കുക കൂടി ചെയ്തുവെങ്കിൽ അത് എന്ത് ദുരന്ത വിശങ്കയായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് ശരിയാണോ ശരിയാണോ ഞാൻ പറഞ്ഞതിന് തെളിവായിരിക്കുന്നു എന്റെ നിങ്ങളുടെ ഈ ചിന്തയുടെ മാർഗത്തിന്റെ വ്യത്യസ്തം അല്ലെന്ന് വിചാരിക്കാം ചോദിച്ച ഉത്തരവാദിത് വീഴുന്നതിൻ്റെ അപ്പൊ അതുകൊണ്ട് തൊഴിൽപരമായ രംഗത്തെക്കുറിച്ച് പോകുമ്പോൾ അത് സ്വകാര്യ മേഖലയാകട്ടെ പൊതുമേഖലയാകട്ടെ മറ്റു രംഗങ്ങളാകട്ടെ അത് കാർഷികേതരമായ അവന്റെ സംസ്കാരത്തിലും മനസ്സിലും അവന്റെ കോശ കോശാന്തരങ്ങളിലും ഉണ്ടാക്കുന്ന പരിണാമം അവന്റെ ആഹാരത്തിലും വിഹാരത്തിലും മാത്രമുണ്ടാക്കുന്നു ആഹാര വിഹാരങ്ങൾ ദോഷങ്ങൾ ആയി തീരുമ്പോൾ ആഹാരവും വിഹാരവും കൊണ്ടുള്ള ദോഷം കൊണ്ട് കപപ്രധാനമായി കോവിച്ച് രക്തമാംസം ഏതോ ധാതുക്കളെയും അവയെ വഹിക്കുന്ന സ്രോതസ്സുകളെയും ദൂഷിപ്പിച്ച് ഗ്രന്ഥികൾക്ക് കാരണമായി തീരുന്നു അങ്ങനെയാ മുഴയുണ്ടാകുന്നത് സ്ഥിരകളിൽ വരുന്നത് സ്ഥിരാഗ്രന്ഥി നിന്ന് പണിയെടുക്കുന്നവർക്ക് അത് ഉണ്ടാകുന്നത് അത് സ്ഥിരയിൽ വരുന്ന ചെറിയ മുഴകളുണ്ട് കാരണം അത് അടഞ്ഞു കൂടുകയാണ് സ്ഥിരയടയുന്ന സ്ഥിരാഗ്രന്ഥി എന്നാണ് അതിന് പറയുക ആ സ്ഥിരയിലൂടെയുള്ള രക്തം കട്ടി പിടിക്കുകയും ആ സ്ഥിരകളിൽ അത് കട്ടിയായിരിക്കുകയും സ്ഥിര തടിക്കുകയും ചെയ്യുന്നു തടിച്ച് തടിച്ച് ആ സിഹാഗ്രൻ ഈ കാരു കയ്യിലും ഭക്ഷണങ്ങളിലും യോനിയിലും ഒക്കെയാണ് വരണതെങ്കിൽ അത് കുതത്തിലെത്തിയാൽ അതിന് അർച്ചസ് ഒന്ന് പറയും പേരിലും വ്യത്യാസം സാധനം ഒന്ന് തന്നെയാണ് മതി കാരണം ആ ദോഷത്തെ കളയാനാണെങ്കിൽ അതിന് പുതിയ പേരും പറഞ്ഞുകൊണ്ട് വൈദ്യന്മാരുടെ പഴയ വൈദ്യന്മാരുടെ അവർ പറയുന്നതിനും വരുന്നില്ല എന്ന് പറയാ പേരൊന്നും പറയാതെ കൊണ്ട കാണിച്ചാൽ അവരുടെ ചെറിയൊടുക്കും മരുന്ന് തരും രണ്ടാഴ്ച കൊണ്ട് പോവും മനസ്സിലായില്ല കാരണം അവരെ ഡയഗ്നോസ് ചെയ്യണം നിങ്ങൾ ആദ്യം പോയി മോഡേൺ മെഡിസിനിൽ കാണിച്ച് അവിടുത്തെ പേരെല്ലാം നിങ്ങൾ ആദ്യം പഠിക്കും നിങ്ങൾക്ക് തന്നെ മനസ്സിലാകാത്ത ഇംഗ്ലീഷ് ഭാഷയില് വായിക്കാൻ തന്നെ ചിലപ്പോൾ മനസ്സിലായിട്ട് വരികയല്ല ചിലപ്പോൾ ചെന്നിട്ട് പറയാം ഏരി കോക്കിളിന്നൊക്കെ ആയിരിക്കും പറയാം എന്നാലും ഇംഗ്ലീഷ് ആണെന്നൊരു സമാധാനം അവിടെ അല്ല ഡോക്ടറോട് ഇരിക്കുമ്പോൾ സ്ത്രീ പറഞ്ഞതാണ് കഴിഞ്ഞ തവണ നമ്മളവിടെ ഇരിക്കും ആ രാമകൃഷ്ണ തന്നെ വേരി കോപ്പിയാ തീ എതിയാണ് അത് കെടിയായും ആലോചിക്കും അനുഭവം കൊണ്ട് പറഞ്ഞതാണ് ഡോക്ടർ ഓർക്കുന്നുണ്ടോന്നറിയില്ല അതുകൊണ്ട് പറഞ്ഞതാണ് അതൊക്കെ ഇങ്ങനെയുള്ള ഈ പദങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ കാണാതെ പിടിക്കും നടന്നുകൊണ്ട് അല്ല അവരിതൊന്നും ആലോചിച്ചല്ല പറഞ്ഞു ഇംഗ്ലീഷിലാൻ കൂടാൽ പോകുന്നുണ്ട് ഗമയുണ്ടെന്ന് വെച്ച് പറഞ്ഞു പാവം അത് ചില കാർന്നമാര് പറയല്ലേ കർണൂരുടെ മകള് ബോറിലാണ് അയൽപക്കത്തൊരു കാർന്നൂരുടെ മകനും പോറലിലാണ് രണ്ടുപേരും ഫോണിലാണ് അപ്പോ അയൽപക്കത്തെ കർന്നൂര് അടുത്ത വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ അവിടുത്തെ കർണൂർ പറഞ്ഞു അവളിപ്പോ പ്രഗ്നന്റ് ആയിരിക്കാന്ന് പറഞ്ഞു ഇപ്പൊ കാർണൂരിൽ കാണിച്ചു പ്രഗ്നന്റ് പോറിൽ അവിടെ പോലെ കാണാൻ പഠിച്ചു പ്രഗ്നന്റ് പോറിൽ പഠിച്ചു പിടിച്ച് വന്നിട്ട് പിന്നെ വീട്ടിലാരോ ഒന്നോ പറഞ്ഞു മകൻ ഇപ്പൊ എവിടെയെന്ന് വെച്ചു അവനങ്ങും പ്രഗ്നന്റ് ആയിരിക്കാന്നു മാത്രല്ല കാരണം ഈ പൗർണികൾ കുറച്ചുകൂടെ തടിപ്പുണ്ട് പ്രഗ്നന്റിന് അപ്പോ അങ്ങനെ ദൂഷിപ്പിച്ച് ഗ്രന്ഥികൾക്ക് കാരണമായി തീരുന്നു ഇത് ശ്രോതത്തിൽ എവിടെ ഉണ്ടാവാ ഹൃദയത്തിലേക്ക് പോകുന്ന ധമനിയിൽ ചയമുണ്ടാവാം ഇപ്പൊ എവിടെ വേണമെങ്കിൽ ഇതുണ്ടാവാം ം വൈകം കിവാതിജം മാംസം മേദജം അസ്ഥികം സ്ഥിരാജം പ്രാണജം തുടങ്ങി ഭ്രണജം ഇങ്ങനെയൊക്കെ ഒരുപാട് തലങ്ങളിൽ ഭ്രണഗ്രന്ഥികൾ ചിലത് ഭ്രണമായി കഴിഞ്ഞ് അവിടുന്ന് തടിച്ചുകൊണ്ടു പല്ലിനിടയിലൊക്കെ ഉണ്ടാവും മോണ ചിലപ്പോൾ പൊട്ടും പൊട്ടിക്കഴിഞ്ഞാൽ അതിനകത്ത് വെളുത്തൊരു കന്തം ഉണ്ടാവും ആ കന്ധം പൊതുക്കെ പുറത്തോട്ട് നല്ലവരാ അത് ഭ്രണജമായ കന്ധങ്ങളാണ് അങ്ങനെ വരുന്ന ഗ്രന്ഥികൾ ഗ്രന്ഥികൾ പലതരത്തിലുണ്ടാകാം ഇങ്ങനെ ഒൻപത് വിധത്തിലാണ് പ്രാചീന ആചാര്യന്മാർ എന്നെ കണ്ടിട്ടുള്ളത് വാതികം പൈത്തികം കവചം സാന്നിവാതിജം വാതികം പൈത്തികം കവചം സന്നിപാതികം മാംസം മേധജം മാംസത്തെ ആസ്പദമാക്കി ഉണ്ടാകുന്നത് മാംസഗ്രന്ഥികളാണ് അത് മാംസജഗ്രന്ഥികൾ മേധസിനെ ആസ്പദമാക്കി വേശ്യയിലൊക്കെ ഉണ്ടാകുന്നത് അത് മേധജഗ്രന്ഥികളാണ് അസ്ഥികളിലുണ്ടാകും മുഴകൾ അത് അസ്ഥിജമാണ് സ്ഥിരകളിൽ ഉണ്ടാവും അത് സ്ഥിരാജമാണ് സ്ഥിരാഗ്രന്ഥികൾ ആ ആ മുഴകളൊക്കെ അങ്ങനെയുള്ളതാണ് ആ ഗ്രന്ഥികൾ തന്നെയാണ് വാദഗ്രന്ഥികളാണ് എനിക്കെ പഴയ ആളില് ചിലപ്പോ ചിലത് പൊട്ടിച്ചു കളയും ചിലത് വറ്റിച്ചു കളയും വറ്റിക്കാൻ മരുന്നുകളുണ്ട് പൊട്ടിക്കാൻ മരുന്നുകളുണ്ട് ഒരു പിടി മരുന്നുകളുണ്ട് കടുക്കാവണ്ണ അങ്ങനെ ഒരുപാട് മരുന്നുകൾ ഉണ്ട് ചിലത് വെറും നന്ദിയാറുണ്ട് അതിൻ്റെ അല്ലെങ്കിൽ തളിരലയിൽ അരിമാവും കൂടെ വേവിച്ച് നല്ല മോളിലോട്ട് വെച്ചാൽ മതി പൂസെയ്തു പോവും അപ്പൊ ഒരുപിടി മരുന്നുകൾ അവർക്കല്ലേ അറിയാം വെറും ഈ മുഴയിലേക്ക് ഓരോ സുഖം ഓരോ ഇന്ന് കാണുന്ന മേധജങ്ങളായി പനവിദ്യകളെല്ലാം മുലയിൽ വരുന്ന മുഴകളതിൻ്റെ തുടക്കത്തിൽ പതുക്കെ കൈകൊണ്ട് തൊടുമ്പോഴെവിടെയെങ്കിലും തോന്നിയാൽ ഒരല്പം ചുക്കും മോരിൽ അടിച്ച് തോര തോരഞ്ഞിട്ടാന്ന് വലിപ്പോവും അത്രയ്ക്കുള്ള കാര്യമുള്ളൂ തുടക്കത്തിൽ ഇടണം അത് തുടക്കത്തിൽ ഇടാൻ പറ്റണമെന്നു വീട്ടിലുള്ളവർക്ക് അറിവുണ്ടാകണം ഇതിന് അറിവരിക്കുന്ന വേറെ തൻ്റെ കയ്യിലാണ് പോയി അവന് സമയം വരുമ്പോ കാണണം കാണുന്ന സമയത്ത് ഇത് മുഴുവൻ പരിശോധിക്കാൻ നേരം ഉണ്ടാകണം പരിശോധിച്ചാൽ ഇതിന് കാശ് മുടക്കാവുന്ന വരുന്നതി തരണം വീട്ടിലെ ചുക്കുമോരും കൂടെ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ എന്ത് പ്രയോജനമാണ് ഉണ്ടാവുക വീട്ടിലിരിക്കുന്ന ചുക്കും മോരും കൂടെ അരച്ച് തോരത്തോറിയിട്ട് നിങ്ങളുടെ സ്ഥലത്തിലെ വിദ്യൃതി വറ്റിപ്പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങള് ആദ്യം കൊടുത്ത് പഠിച്ചിട്ട് വന്ന് ചുക്കും കൊണ്ട് നിങ്ങളുടെ രോഗം വീട് ചില ഭാര്യ നമ്മൾ അവളുടെ സ്ത്രീധനം കൊണ്ടാണ് എത്തിക്ക് പോയത് എന്ന് പറഞ്ഞാൽ നിങ്ങളോടൊരു പോലും മനസ്സിലാവും അപ്പൊ പഴയ കാലോദ്യമാണ് തിരികെ ഒരു പശുവിന്റെ പല്ലരച്ച് കഷത്തിൽ വരുന്ന വിദ്രഥികളൊക്കെ പോവും ആമയുടെ തോട് മുകളിൽ അരച്ചിട്ടാൽ മേധോ ഗ്രന്ഥികളെല്ലാം പോവും വീടുകളിൽ ആമക്കോട് എടുത്തു നിന്നും പഴയ കാലത്ത് പന്നിത്തേറ്റ എടുത്തു നോക്കും അരച്ചിട പന്നിയുടെ തേറ്റ അരച്ചിട്ടാ പോവും ആമയുടെ തോടും ഏതാണ്ട് സമാനങ്ങളാ മനസ്സിലായില്ല ഒന്നും ചെയ്തിട്ടേ ഇല്ല പന്നിത്തേറ്റ ആമത്തോട് നല്ല അമ്മയാണെങ്കിൽ ഒന്നും ചെയ്യില്ല കഞ്ഞിവെള്ളം ചോരചനും കഞ്ഞിവെള്ളം വെറും കഞ്ഞിവെള്ളം തോര തോരെ പറഞ്ഞു കൂട്ടും ചോരെ തോരെ പറഞ്ഞി കൊടുക്കും ഉണങ്ങുന്നതിനാണോ അങ്ങനെ അവ തൊലിയിങ്ങി വരിയും ഒന്ന് അടുക്കൂടി ഈ സാധനം അങ്ങ് ധരിക്കും അതിൻ്റെ അകത്തൊരു ഒരു മുള അതൊക്കെ തിരിച്ചു പോവും പിന്നെ പേടിക്കാനൊന്നുമില്ല പിന്നെ തന്നെ ഉണക്കും പിന്നെ ഉണങ്ങാനുള്ള മരുന്നൊക്കെ കിട്ടാമതി സന്ദർപ്പണ കുഴപ്പുകൾ പലതും കിട്ടാൽ മതി പെട്ടെന്ന് മാറും ഇപ്പോൾ ഓടി കാരണം തല താരനാണ് ഇപ്പൊ സ്പെഷ്യൽ അല്ലേ ഇതൊക്കെ മേടിച്ചു തല ധരിക്കും പഴയ അമ്മയാണെങ്കിൽ തലേൽത്ത് കഞ്ഞിന് വെള്ളം എടുത്ത് കുളിച്ച് കഞ്ഞിവെള്ളം തലേ തിച്ച് രണ്ടു കുളിങ്ങി ഇപ്പോൾ അമ്മ കഞ്ഞിവെള്ളം വീട് തെച്ച് കുളിപ്പിക്കാൻ തുടങ്ങിയാൽ തലേ നിങ്ങളുടെ അന്ധവിശ്വാസം എൻ്റെ കുഞ്ഞിൻ്റെ തലയിലൊന്നും വേണ്ട അതൊക്കെ അങ്ങ് തലയെ വെച്ചാൽ മതി ഞാൻ കാശ് മുടക്കിയുള്ളതേ മേടിച്ച് ചെയ്യുന്നുള്ളൂ കാശില്ലാതൊന്നുമല്ല ഞാൻ ജീവിച്ചത് നിങ്ങളുടെ കൊണ്ട് പണ്ടത്തെക്കുറേ പട്ടണി കിടന്നൊന്നും ജീവിച്ചതല്ല ശരിയല്ല ശരിയല്ല എൻ്റെ തന്നയ്ക്ക് നല്ല ജോലിയുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കഞ്ഞിവെള്ളവും പിണ്ണാർക്കൊന്നും എനിക്ക് വേണ്ട ശരിയല്ല എന്നിട്ട് പോയി സാമി സ്പെഷ്യൽ സോറോണിയൻ മേടിച്ച് തലേ തേടും തലമുഴ ഉണ്ണായി അടുത്തവൻ്റെ അടുക്കിലേക്ക് പോകും അവിടെ ചെല്ലുമ്പോൾ അത് പൊട്ടി ഒലിക്കും മനസ്സിലായില്ല അപ്പൊ പോയി നാലും സീറോ ഇടിക്കും കോഴ്സ് തീരുമ്പോൾ വീണ്ടും തുടങ്ങും അവസാനം നാറിട്ടിരിക്കാനും വയ്യ മനസ്സിലായില്ല ശരിയല്ല ശാസ്ത്രീയമായി ചികു ശാസ്ത്രീയമായി ചീഞ്ഞു നാടി ശാസ്ത്രീയമായി മരിക്കുന്ന ശാസ്ത്രാത്ഭുതങ്ങൾ ഭരണാജം ഭരണാചണഗ്രന്ഥി ഇങ്ങനെ ഒൻപത് ഭേദങ്ങൾ പറഞ്ഞു കാണുന്നുണ്ട് പ്രാചീന ഗ്രന്ഥികളുടെ ഇതിൽ വാദദോഷ ഗ്രന്ഥികൾ വിവിധ തരത്തിലുള്ള വേദനകളോട് കൂടിയതാണ് ചില മുഴയ്ക്ക് വേദന ഉണ്ടാവും അത് വാദമാണ് ചിലതിന് വേദന ഉണ്ടാവില്ല അപ്പൊ വേദനയുള്ളവ അതൊക്കെ അമ്മമാർക്ക് നോക്കിയാൽ അറിയാം വാതജമാണോ വാതജമാണെങ്കിൽ അവർ വാദത്തിനുള്ളൊരു മരുന്നോടോ കൊടുക്കും യോഗരാജ കൊടുക്കും അപ്പൊ അത് കുറയും മാറി മാറി പ്രത്യക്ഷപ്പെടുന്നതും ഇടക്കിടക്ക് വർദ്ധിക്കുകയും ക്ഷയിക്കുകയും ചെയ്യുന്നതും സ്പർശത്തിൽ മൃദുവും ശീതവും ആയിരിക്കുകയും മട്ടുപൊഴിഞ്ഞൂറോ പൈപ്രോമോകോളൊക്കെ ഉണ്ടാവും ചിലർക്ക് നേർമ്മുകളിലെല്ലാം ും വളരെ വേഗത്തിൽ പഴുക്കുന്നത് കൊണ്ടും തീ കൊണ്ട് കൊള്ളിക്കുന്നത് പോലെയുള്ള വേദനയോടുകൂടിയതും നീല മഞ്ഞ ചുവപ്പ് നിറങ്ങളോട് കൂടിയതും ആയിരിക്കും സ്പർശത്തിൽ കഠിനവും തണുത്തതും വേദനയില്ലാത്തതും ചൊറിച്ചിലോട് കൂടിയതും ക്രമേണ വലുതാകുന്നതുമായിരിക്കും ഗ്രന്ഥികളിൽ പിത്തഗ്രന്ഥികളുടെ ലക്ഷണങ്ങൾ അധികവും ഉണ്ടായിരിക്കും മാംസഗ്രന്ഥികൾ കപഗ്രന്ഥികൾക്ക് തുല്യമായിരിക്കും അവ കപഗ്രന്ഥി പോലെ തന്നെ കണക്കാക്കേണ്ടതാണ് ആയത് സ്ഥിരകളാൽ ആവൃതവുമായിരിക്കും അസ്ഥികൾക്കുണ്ടാകുന്ന ോ ഭംഗമോ കാരണമായി ഉണ്ടാകുന്ന വേദനയോടുകൂടിയ ഗ്രന്ഥി രൂപത്തിലുള്ള വീക്കത്തെ അസ്ഥിഗ്രന്ഥി എന്ന് പറയുന്നു ഈ കാലഘട്ടത്തിൽ ഇത് വളരെ കൂടുതലാണ് ഇത് പഴയ കാല വീണാൽ അവന്റെ അസ്ഥിക്ക് ഭംഗമോ അസ്ഥിക്ക് വേദനയോ അസ്ഥിക്ക് നേർക്കെട്ടോ ഒക്കെ ഉണ്ടായാൽ പഴയ രീതിയിലുള്ള ചികിത്സകൾ ചെയ്യും അസ്ഥി സൂക്ഷിക്കേണ്ടതായുണ്ട് അത് കർക്കിടക മാസത്തിലൊക്കെ വീണാൽ വളരെ ശ്രദ്ധിക്കും കൊച്ചു കുഞ്ഞുങ്ങൾ കയ്യിൽ നിന്ന് വീഴുക വള്ളത്തേൽ വീഴുക ഇങ്ങനെയൊക്കെ വീഴുകയാണെങ്കിൽ പഴയ അമ്മമാർ ഉടനെ തന്നെ മർമക്ഷതമുണ്ടോ എന്നറിയുന്നതിന് മർമ്മത്തെ അറിയുന്ന വൈദ്യന്മാരുടെ ഇടയ്ക്കിലേക്ക് കൊണ്ടുപോകും